അവർ പറയുന്നു അവന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് എന്തുകൊണ്ടവനൊരു ദൃഷ്ടാന്തമിറക്കപ്പെട്ടില്ല പറയുക അദൃശ്യമായ കാര്യങ്ങൾ അള്ളാഹുസുബാനഹുവ ആനക്ക് മാത്രമുള്ളതാണ് അതിനാൽ നിങ്ങൾ കാത്തിരിക്കുക തീർച്ചയായും കാത്തിരിക്കുന്നവരിൽ ഞാനും നിങ്ങളോടൊപ്പമുണ്ട്